സകല ഭൂവാസികൾക്കും അവൻ ശീഖര സംഹാരം വരുത്തും അധ്യായം രണ്ട് നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിനു മുമ്പേ ദിവസം പതിർപ്പോലെ പാറിപ്പോകുന്നു യഹോവിയുടെ ഉഗ്ര കോപം വരുന്നതിനു മുമ്പേ യഹോവിയുടെ കോപദിവസം നിങ്ങളുടെ വരുന്നതിനു മുമ്പേ കൂടി അതേ കൂടി വരുവീൻ യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൌമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ നീതി അന്വേഷിപ്പീൻ സൗമ്യത അന്വേഷിപ്പീൻ പക്ഷെ നിങ്ങൾക്ക് യഹോവയുടെ കോപദിവസത്തിൽ മറഞ്ഞിരിക്കാം ഗസ നിർജ്ജനമാകും അസ്കലോൻ ശൂന്യമായി തീരും അസ്തോദിനെ അവർ മധ്യാത്തിങ്കൽ നീക്കിക്കളയും യക്രോന് നിർമൂലനാശം വരും സമുദ്രതീരനിവാസികളായ ക്രേത്യജാതിക്ക് അയ്യോ കഷ്ടം ഫിലിസ്തദേശമായ കനാനെ യഹോബിയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു നിനക്ക് നിവാസികൾ ഇല്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളുമുള്ള പുൽപ്പുറങ്ങളായി തീരും തീരപ്രദേശം യഹൂദാഗ്രഹത്തിന്റെ ശേഷിപ്പിന് ആകും അവർ അവിടെ മെയ്ക്കും അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും അവരുടെ ദൈവമായ ഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ മോവാബിന്റെ ധിക്കാരവും അമ്മോന്യ എന്റെ ജനത്തെ അവരുടെ ദേശത്തിന് വിരോധമായി വമ്പു പറഞ്ഞ ഞാൻ കേട്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവയുടെ അരുളപ്പാടാവിത് എന്നാണ് മോവാ സോതോമെപ്പോലെയും അമോന്യർ ഗോമോറയെപ്പോലെയും തൂവക്കാടും ഉപ്പുപഠനയും ശാശ്വത ശൂന്യവും ആയിത്തീരും എന്റെ ജനത്തിൽ ശേഷിപ്പുള്ളവർ അവരെ കവർച്ച ചെയ്യും എന്റെ ജാതിയിൽ ശേഷിച്ചിരിക്കുന്നവർ അവരുടെ ദേശത്തെ അവകാശമായി പ്രാപിക്കും ഇതവരുടെ ഹങ്കാരമിത്തം അവർക്കു ഭവിക്കും അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ജനത്തോട് നിന്നെയും വമ്പും കാട്ടിയിരിക്കുന്നുവല്ലോ യഹോവ അവരോട് ഭയങ്കരനായിരിക്കും അവൻ ഭൂമിയിലെ സകല ദേവന്മാരെയും ക്ഷയിപ്പിക്കും ജാതികളുടെ സകല ദ്വീപുകളും അതത് സ്ഥലത്തുനിന്ന് അവനെ നമസ്കരിക്കും നിങ്ങളോ കുശ്യേ എന്റെ വാളിനാൽ നിഹതന്മാർ അവൻ വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കും നിലവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവും ആക്കും അതിന്റെ നടുവിൽ ആട്ടിൻകൂട്ടങ്ങളും നാനാജാതി മൃഗങ്ങളും കിടക്കും അതിന്റെ പോതികകളുടെ ഇടയിൽ വേഴാമ്പലും മുള്ളനും രാപ്പാർക്കും കിളിവാതുക്കൽ പാട്ടുപാടുന്നത് കേട്ടോ ദേവതാരുപ്പണി പറിച്ചു കളഞ്ഞിരിക്കിയാൽ ഉമ്മരപ്പടിക്കൽ ശൂന്യതയുണ്ട് ഞാനേയുള്ളു ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് നിർഭയം വസിച്ചിരുന്ന ഉല്ലസിത നഗരം ഇതുതന്നെ അത് ശൂന്യവും മൃഗങ്ങൾക്ക് കിടപ്പിടവുമായി തീർന്നതെങ്ങനെ അതിൻ്റെ അരികെ കൂടി പോകുന്ന ഏവനും ചൂളകുത്തി കൈക്കുലുക്കും